അള്ളാഹു സുബഹാനഹുവ ചാല തന്റെ പ്രീതി പിന്തുടരുന്നവരെ അതുവഴി സമാധാനത്തിൻറെ പാതകളിലേക്ക് നയിക്കുന്നു അവൻറെ അനുമതിയോടെ അവൻ അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തുകൊണ്ടുവരുന്നു അവരെ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു